രോഗത്തെ കുറിച്ചുള്ള ചരകന്റെയും ശുശ്രുതന്റെയും ചിന്തകൾ കണ്ടു അതിന്റെ സാമൂഹ്യ തലങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു വാഗ്ഭടൻ രോഗത്തെ കാണുന്നത് വേർതിരിക്കുന്നത് ശാരീരികങ്ങളായ രോഗങ്ങൾ മാനസികങ്ങളായ രോഗങ്ങൾ എന്ന് രണ്ട് സാധ്യങ്ങൾ അസാധ്യങ്ങൾ നിജങ്ങൾ ആകന്തുകങ്ങൾ എന്ന നാല് വീണ്ടും സ്വതന്ത്രം പരതന്ത്രം എന്ന് രണ്ട് നി നിദാനങ്ങൾ സ്വതന്ത്രമായിട്ടുള്ളവ എന്നൊക്കെയുള്ള അർത്ഥം ദൃഷ്ടാപചാരജങ്ങൾ പൂർവാപചാരജങ്ങൾ എന്ന് വീണ്ടും രണ്ട് ദൃഷ്ടപചാരജങ്ങൾ കർമ്മജങ്ങൾ ദൃഷ്ട അദൃഷ്ടാപചാരജങ്ങൾ കർമ്മജങ്ങൾ എന്ന് രണ്ട് ഇവയെല്ലാം വാഗ്ബടൻ്റെ ചിന്തകളാണ് ഇവയെ സാമാന്യേന യോജിപ്പിച്ച മാതൃജം അതായത് സഹജം ഗർഭജം ജാതജം പീഡാജം കാലജം സ്വഭാവജം പ്രഭാവചം എന്നിങ്ങനെ തിരിക്കാം അതാണ് സാമാന്യനെ പറയാവു എല്ലാം ചേർത്ത് രോഗങ്ങളെ ഏഴ് പട്ടികയിൽപ്പെടുത്താം സഹജങ്ങൾ സുശ്രുതചിന്തയെ അവലംബിച്ച് നാം അധ്യാത്മദുഃഖങ്ങളിലെ ആദിബല പ്രവൃത്തത്തിൽ പറഞ്ഞത് അതിവിടെ സഹജം എന്ന പേരിലാണ് പറയുക മാതൃജം പിതൃജം ജന്മനാ കൊണ്ടുന്നത് ഗർഭജം അതേതാണ്ട് ജന്മബല പ്രവൃത്തത്തിൽപ്പെടുതാം ജാതജം ഇവയെല്ലാം വീണ്ടും തിരിച്ചിട്ടുണ്ട് മാതൃജവും പിതൃജവുമായ സഹജം അന്നരസജവും ദൗകതാപചാരജവുമായ ഗർഭജം സന്ദർപ്പണോദ്ധവും അവതർപ്പണോദ്ധവുമായ ജന്മജം അങ്ങനെ തിരിക്കാം പീഡാജം ശാരീരികവും മാനസികവുമായ പീഢകൾ ഉളവാക്കുന്നത് പീഡാജം അന്തരപീഡകളും ഭാഗ്യപീഠകളും കാലജം വ്യാപന്ന ഇതുഘൃതങ്ങളും അവ്യാപന്ന ഇരുഘൃതങ്ങളും ആയിട്ടുള്ള സംരക്ഷണജങ്ങളും അസംരക്ഷണജങ്ങളുമായിരിക്കുന്ന കാലജം പ്രഭാവച അത് ശുശ്രുതൻ അചലവാദാദി രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഉദാഹരണമായി പറയുന്നുണ്ട് വാഗ്ബടനാണ് പ്രഭാവജങ്ങളായ രോഗങ്ങളെ പറഞ്ഞിട്ടുള്ളത് അത് ഒരു ഭാഗം വൈദ്യജന്യമാണ് പ്രഭാവച രോഗങ്ങളാണ് വൈദ്യജന്യ രോഗങ്ങളിലധികവും മനുഷ്യൻ പുരോഗമിക്കുമ്പോൾ ഉണ്ടാകുന്നത് കൂടുതലും പ്രഭാവചരോഗങ്ങളാണ് ഇത് വളരെ വിപുലമായ പഠനമർഹിക്കുന്ന ഒരു തലം കൂടിയാണ് അണുകൃതി വിജ്ഞാനങ്ങളൊക്കെ നമ്മൾ വൈദിക സംസ്കൃതിയിൽ പഠിച്ചാൽ അർബുദത്തെ ആതിശയിൽ നോക്കി കണ്ടാൽ ഒരുപാട് പഠനാർഹങ്ങളായ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും ആ നിലയിൽ പ്രഭാവചരോഗങ്ങൾ എന്നത് വളരെ കൂടി വരുന്ന കാലമാണ് പ്രഗത്ഭരായ ബിഷദ്വരന്മാരുടെ വാക്ക് ദൈവജ്ഞന്മാരുടെ വാക്ക് മാതാപിതാക്കന്മാരുടെ വാക്ക് ഇവയൊക്കെ രോഗത്തിന് കാരണമായി തീരുക ശാപങ്ങൾ എന്നൊക്കെ പൗരാണികർ പറയും പ്രഭാവച രോഗങ്ങളാണ് പഴയ ആളുകള് ആരോഗ്യം കാക്ഷിച്ചിരിക്കുന്നവർ കുട്ടികളെ ഒന്നും മറ്റുള്ളവരുടെ കൈക്കൊടുക്കുകയോ പുറത്തു കാണിക്കുകയോ ഒക്കെ ചെയ്യാതെ വളർത്തിയിരുന്ന ഒരു കാലത്ത് കേട്ടിട്ടുണ്ടോന്നറിയില്ല ഇവരന്ധവിശ്വാസമായിരുന്നു നിങ്ങളുടെ ഒക്കെ ദൃഷ്ടിയിൽ വിദ്യാഭ്യാസം നിങ്ങൾക്ക് കൈവന്നപ്പോ അതൊക്കെ തെറ്റാണ് എന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചത് ദ്രവ്യം ദൃഷ്ടി കൊണ്ട് മാറും ശൈശവം പ്രത്യേകിച്ചു തുരന്മാർ പ്രത്യേകിച്ച് രോഗം വരുമ്പോൾ പണ്ടുള്ളവർ രോഗിയെ വരുന്നവരെ എല്ലാം കാണിച്ചിരുന്നില്ല ഇന്ന് കാണുക ഒരു ജീവിതചിന്തയുടെ ഭാഗമായി മാറിയിട്ടുണ്ട് ശരിയല്ല ഏ ഭക്ഷണപദാർത്ഥങ്ങൾ നോക്കിയാൽ അറിയാം പ്രദേശങ്ങളില് കൂലിപ്പണി എടുക്കുന്ന ഭവനങ്ങളിൽ പെട്ടവർ കൂലിപ്പണിക്ക് വന്നു കഴിഞ്ഞ് പാടത്തോ പറമ്പിലോ പണിയെടുക്കാൻ പോകുമ്പോ അവർക്ക് ഭക്ഷണം കൊണ്ടൊക്കെ കൊടുക്കേണ്ടി വരും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകുമ്പോ അത് കൊടുത്തുവിടുന്ന അമ്മ കൊണ്ടുപോകുന്നവനോടൊരു വാക്കു പറയും നല്ലോലെ മൂടി കൊണ്ടുപോകണം ഭക്ഷണം മറ്റുള്ളവർ കാണരുത് ആരെങ്കിലും ചോദിച്ചാൽ വർത്തമാനം ഒന്നും പറയണ്ട അങ്ങോട്ട കൊടുത്തിട്ട് പോകണമതി ഇനി കരുതില്ലെന്ന് തോന്നി ഇതിനേക്കാൾ കൂടി അന്ധവിശ്വാസങ്ങളില്ല ദ്രവ്യം കാണുന്നത് കൊണ്ടും സ്പർശിക്കുന്നത് കൊണ്ടും പരിണമിക്കുമെന്നവർ വിചാരിച്ചു ഒരു വീട്ടിലെ നാല് സ്ത്രീകളിൽ ഒരാൾ രാവിലെ എട്ട് മണിക്ക് ആഹാരം പാചകം ചെയ്ത ആ വീട്ടിലെ മുറിയിൽ വെച്ചിരിക്കുമ്പോൾ മറ്റൊരാൾ അതേ ആഹാരം അതേ എട്ട് മണിക്ക് അതേ അടുപ്പിൽ പാചകം ചെയ്ത അപ്പുറത്തൊരു പാത്രത്തിൽ വച്ചിരിക്കുമ്പോൾ രണ്ടും വളിക്കാൻ എടുക്കുന്ന സമയം രണ്ടായിത്തീരുന്നത് ഉണ്ടാക്കിയ ആളിൻ്റെ മനസ്സിൻ്റെയോ അതുണ്ടാക്കിയ ദ്രവ്യത്തിൻറെയോ അതിനുപയോഗിച്ച പാത്രത്തിൻ്റെയോ അത് വച്ചിരിക്കുന്ന അടുക്കളയിൽ ഒരേ സ്ഥലത്തിരിക്കുമ്പോൾ സ്ഥലത്തിന് വ്യത്യാസമുള്ളത് എന്നൊക്കെ ആധുനികന് ഗവേഷണം ഉള്ളതായി തോന്നില്ല മനസ്സിലായില്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് സംഗതമല്ലാത്ത നിങ്ങളുടെ കോമൺ സെൻസ് സമ്മതിക്കാത്ത ശരിയല്ല ആയിരം ഉപ്പ് മാങ്ങ ഇടാനുള്ള മാങ്ങ കൊണ്ടുവന്ന് അമ്മ ഒരു ഭരണിയിലും വേറൊരു ഭരണിയിലും ഇട്ട് രണ്ടുപേരും അളർന്ന് ഉപ്പു കൊണ്ട് അടച്ചു കെട്ടിവെച്ചാൽ ഒരാളിട്ട മാങ്ങയ്ക്ക് ഒരു ദുർഗന്ധം വരികയും അത് കൂട്ടാൻ പറ്റാതിരിക്കുകയും മറ്റേയാളിട്ട മാങ്ങ കൂട്ടാൻ പറ്റുകയും ചെയ്യുക എന്ന പ്രക്രിയ വൈരുദ്ധ്യത്തോടു കൂടി ഉണ്ടായാൽ അത് മാങ്ങയുടെ സ്വഭാവം കൊണ്ടോ ഉപ്പിന്റെ സ്വഭാവം കൊണ്ടോ ഒഴിച്ച വെള്ളത്തിന്റെ സ്വഭാവം കൊണ്ടോ അടച്ചിട്ട് ഭരണിയുടെ സ്വഭാവം കൊണ്ടോ ഇട്ടയാളിന്റെ സ്വഭാവം അങ്ങയിൽ കറങ്ങണോ ഭരണിയുടെത് അംഗീകരിക്കാവുന്ന ശാസ്ത്ര സത്യമാണ് ഉപ്പിന്റെ കുഴപ്പങ്ങൾ അംഗീകരിക്കാവുന്ന ശാസ്ത്ര സത്യമാണ് ഉപ്പതിൽ പങ്കുവഹിക്കുന്നത് അതിലൊഴിച്ച് ജലത്തിൻ്റെത് നമുക്ക് സംഗതിക്കാവുന്ന കാര്യമാണ് ഇപ്പൊ ഉപ്പ് വെള്ളം മാങ്ങ ഇവയൊക്കെ അംഗീകരിക്കാം മാങ്ങ സെയിമാണ് ഉപ്പ് സെയിമാണ് വെള്ളം കഴിഞ്ഞാൽ ഇതൊന്നുമല്ലാത്ത ഏത് ഘടകമാണ് ആ മാങ്ങ വ്യത്യസ്തങ്ങളായ സ്വാദും വ്യത്യസ്തങ്ങളായ മണവും വ്യത്യസ്തങ്ങളായ ഭാവതലങ്ങളും ചിന്തിച്ചാൽ ദ്രവ്യത്തെ മാറ്റിമറിക്കുവാൻ മനുഷ്യ മനസ്സിന് കഴിയുമെന്ന് അംഗീകരിക്കേണ്ടി വരും വളരെ സ്ഥൂലമായി ചിന്തിച്ചാൽ തന്നെ അംഗീകരിക്കേണ്ടി വരും വേണ്ട എനിക്ക് അപേക്ഷമൊന്നും വേണ്ട വെറും സ്ഥൂലമായി സ്ഥൂലമായി കാണുന്ന കാര്യമാണ് അതുകൊണ്ടാണല്ലോ സ്പൂണിനളന്നും കുറിച്ചും ഇന്ന് പാചകം ഉണ്ടായിക്കൊണ്ടിരുമ്പോൾ സ്വാദ് വ്യത്യസ്തമായിരിക്കുന്നത് രണ്ട് സമയങ്ങളിൽ നിങ്ങളുടെ വീട്ടിലെ ഒരമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരേ ആഹാരത്തിന് രണ്ട് സ്വാദ് ഒരേ മറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയാൽ രണ്ട് സ്ത്രീകൾ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ വ്യത്യസ്തങ്ങളാകുന്നതും ും ശരിയല്ലം എന്നൊന്നുണ്ട് ഓരോ ഔഷധത്തിലും പ്രഭാവത്തിനും വ്യത്യാസമുണ്ട് സജാതീയ പ്രത്യാരബ്ധ പ്രഭാവവും വിജാതു പ്രത്യാരബ്ദ പ്രഭാവവും എന്ന പ്രഭാവങ്ങൾ തന്നെ വേറെ ഉണ്ട് അവര് വാക്ക് ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ അതിനുള്ള തപസുണ്ടെങ്കിൽ റയിച്ചാൽ പ്രഭാവം സാധന കൊണ്ട് നേടിയിട്ടുണ്ട് എന്ന് വരിക അത് പ്രഭാവം ഒരു ജന്മഗുണത്തിലാണ് അധികവും പെടുത്തി പോകുന്നത് സാധന കൊണ്ട് അതിനെ ഉത്തേജിപ്പിക്കാൻ കഴിഞ്ഞേക്കാം ഒരു ചെടിയിലിരിക്കുന്ന പ്രഭാവം ചിലപ്പോൾ അതിന്റെ ഗുണത്തെയും വീര്യത്തെയും വിവാഹത്തെയും വെല്ലുന്നതായിത്തീരാം അതിന്റെ ഗുണം അനുസരിച്ചാണ് കൊടുക്കുന്നതെങ്കിലും പ്രഭാവം കൊണ്ട് വിപരീതങ്ങളായ ഫലങ്ങൾ ചിലപ്പോൾ ചെയ്യാം അതുകൊണ്ട് പ്രഭാവം അവിടെ അതുപോലെയാണ് അതുപോലെയാണ് കൈകാര്യം ചെയ്യുന്ന മനസ്സ് വൈദ്യന്റെ ഒരു പ്രഭാവമുണ്ട് പ്രഭാവത്തെ കണക്കിലെടുക്കാത്ത പഠനങ്ങളാണ് ഇതധികവും ഒരാളെ നോക്കിയിട്ട് അയാളുടെ ഉന്നമനവും നന്മയും എതിർച്ചയാ വാക്കിൽ വരണമെങ്കിൽ സാത്വികത നൂറ് ശതമാനവും വേണം അങ്ങനെ ഗുണങ്ങളുള്ളവരായിരുന്നു പണ്ട് മാതാവും പിതാവും ആയിരുന്നത് അവർക്ക് മക്കൾ ഉണ്ടാകുന്നത് ആനിമൽ ഇൻസ്റ്റിങ്റ്റിലായിരുന്നില്ല ഇന്ന് നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് ആനിമൽ ആണ് അച്ഛനും അമ്മയും ആകുന്നത് ഇൻസ്റ്റിങ് ഉള്ളൂ പ്രഭാവം ഉണ്ടാവില്ല ഇന്നലെ ആ പ്രഭാവമുള്ള ഒരു അമ്മയുടെ സങ്കല്പം കൊണ്ടാണ് രോഗങ്ങൾ മാറുന്നത് ഇന്ന് സങ്കല്പം കൊണ്ടാണ് അത് വർദ്ധിക്കുന്നത് ക്തിയും വിദ്യാഭ്യാസം നേടുമ്പോൾ ഭാവിയിലുണ്ടാകാൻ പോകുന്ന വൈകല്യങ്ങളും കുഴപ്പങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും വർത്തമാനത്തിൽ സങ്കല്പിച്ചാണ് ദുഃഖിതനാകുന്നത് അതാണ് വിദ്യാഭ്യാസത്തിന്റെ ആകമെച്ചത് രൂപാന്തരപ്പെടുന്നത് അയാളിലെ ത്തിന്റെ തിരണാത്മകമായ ശ്രേണിയിൽ നിന്നാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവരിൽ ഈ ചിന്ത കാണുന്നില്ല സത്പ്രഭാവം ഉണ്ടാവേണ്ടത് സദ്ഭാവനയിൽ നിന്നാണ് പ്രഭാവം വിജാതീയവും സജാതീയവും എന്ന് രണ്ട് ഒരു സന്യാസിയെ ഒരു സിദ്ധനെ അറിയപ്പെടുന്ന ഒരു ജ്യോതിഷിയെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടു വന്നാൽ പഴയ കാലത്താണെങ്കിൽ അയാളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളും എതിർച്ചയാ വരുന്ന കാഴ്ചകളും അയാളുടെ സാത്വിക ഗുണം കൊണ്ട് അവിടെ കാണുന്നതിലെ ഏതെങ്കിലും ഒരു നന്മയിൽ ചെന്ന് കണ്ണുനിന്ന് ആ നന്മ കൊണ്ട് പ്രകാശം കൊണ്ട് നീ രക്ഷപെടും അതിന്റെ സൂചനയാണ് കാണുന്നത് എന്ന് എതിർച്ച ആ പുറപ്പെടുന്നൊരു വാക്കുണ്ടായിരുന്നു മനസ്സിലായില്ല ഇന്ന് എന്നെ പോലുള്ളവരെ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോയാൽ എല്ലാം നോക്കി എവിടെയാണ് ദൂഷ്യമുള്ളത് അത് മാത്രം കൃത്യമായി പറഞ്ഞ് നിങ്ങളുടെ ഉള്ള ജീവിത സ്വസ്ഥതയും കൂടെ കളയും എന്നുള്ളത് നൂറ് ശതമാനം തീർച്ചയാണ് കാരണം ഇന്ന് വിദ്യാഭ്യാസമുള്ളവരാണ് സിദ്ധനാകുന്നതും സന്യസിക്കുന്നതും ജ്യോതിഷിയാകുന്നതും എല്ലാം നിങ്ങൾക്കുള്ള വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം നേടി നിങ്ങളെ കശക്കാനുള്ളവർ നേരത്തെ തയ്യാറായി അവിടെ എത്തിയിരിക്കുകയാണ് മനസ്സിലായില്ല ആരാ സ്വാമി സ്ട്രക്ചറൽ എൻജിനീയറാണ് ആരോണത്തേരും ആ ജ്യോതിഷി എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ജ്യോതിഷത്തിലേക്ക് വന്നിരിക്കുകയാണ് മനസ്സിലായില്ല ഇനി നിങ്ങളുടെ മാനേജ്മെന്റ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ല ഞാൻ പറഞ്ഞത് ശരിയല്ല നിങ്ങൾ ഇതിനിടയിൽ പഠിച്ചെടുക്കുന്നതാണ് ഈ സാധനമല്ല അതൊരു ദിവസം ഇതിന്റെ ആരെയൊക്കെ നെഗറ്റീവായി പറഞ്ഞ് കൂടുതൽ ദുഃഖത്തിൽ അഴ്ത്തി അവന്റെ മുഴുവൻ പണവും സമ്പാദിക്കാമെന്ന് കൃത്യമായി മാനേജ്മെന്റ് തിയറിയിൽ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിൽക്കുന്ന മേഖലയിലെ അറിവിനെ കൂടെ ഭാഗ്യമായി വച്ചുകൊണ്ട് മറ്റൊരറിവിലേക്ക് ചാടി അതും ഇതും നിങ്ങൾ ഉണ്ട് എന്നുള്ളതിൽ ഇതിലൂടെ നിങ്ങൾ ആളുകളെ വരുത്തുകയും അതിലൂടെ നിങ്ങൾ കൊല്ലുകയും ചെയ്യുകയാണെങ്കിൽ ശരിയല്ല തോന്നലുണ്ടെങ്കിൽ പറയാം പേരൊന്നും ആരുടെയും പറയണ്ട നിങ്ങൾക്ക് പരിചയപ്പെട്ട ഒരുപാട് പേരുകൾ ചിലരുടെയും ഒക്കെ മുമ്പിൽ അതൊന്നും ഇങ്ങോട്ട് പറയണ്ട എനിക്ക് അവരെ പരിചയപ്പെടാൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാനെന്ന് പറഞ്ഞത് പിന്നെ കുഴപ്പമൊന്നുമില്ല ആർക്കും കേസ് കൊടുക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞ ശരിയല്ല ഏ ഏ ശരിയാ നിങ്ങൾ വിളിച്ചു പ്രഭാവം അങ്ങനെയാണ് തെങ്ങുമില്ല എന്നാല് കായ്പ്പിക്കാൻ സമയം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അവിടെ കൊണ്ടിരുന്നു ആ കാര്യമൊക്കെ ആണെങ്കിലും തെങ്ങ് കായ്ച്ചിട്ടില്ലെങ്കിലും ആ ഇല എങ്ങനെ തഴുത്ത് നിൽക്കുന്നത് മതി തഴു എവിടെ നെഗറ്റീവായി മനസ്സിനെ കൊണ്ടുപോവാൻ പറ്റുമോ അവിടെ സാധന ചെയ്ത് കുറച്ചിരിക്കുന്ന ആളുകൾ അവരുടെ വാക്കുകളിലൂടെ സംജാതമാകുന്ന പ്രഭാവം കൊണ്ട് ഉണ്ടാകുന്ന പ്രഭാവച രോഗങ്ങൾ സുസൃതൻ അച്ചലവാദമെന്നും മറ്റും പറയും ഈ രോഗത്തിന് അചലവാദം എന്ന് പറഞ്ഞാൽ മനസ്സിലായി മൊട്ടോർ ന്യൂറോൺ ഡിസീസിന്റെ രോഗഭേദം അത് പ്രഭാവച രോഗങ്ങളാണ് ചില ആളുകളുടെ വാക്കുകൊണ്ടൊക്കെ ഉണ്ടാകുന്നതാണ് ജ്യോതിഷികൾ ആചാര്യവര്യന്മാർ പുരോഹിതന്മാർ സിദ്ധപുരുഷന്മാർ ഇവരുടെ വാക്കുകളാൽ ഉണ്ടാകുന്ന രോഗത്തെ അചലവാദമെന്ന് പറയുന്നുവെന്ന നിദാനത്തില് സുശ്രുതൻ പ്രത്യേകം പറയുന്നുണ്ട് സുശ്രുത പഠിച്ചാൽ മനസ്സിലാവും വാഗ്ബടൻ പ്രഭാവച രോഗങ്ങൾ എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ സഹജം ഗർഭജം ജാതജം പീഡാജം കാലജം സ്വഭാവജം പ്രഭാവചം പ്രഭാവചം പറഞ്ഞു സ്വഭാവജം ആഹാരീഹാരം മൈഥുന നിദ്രകളിൽ നിന്നുണ്ടാകുന്ന രോഗം സ്വഭാവം കൊണ്ടുണ്ടാകുന്ന രോഗി പഴയ മാതാപിതാക്കളും പഴയ ആചാര്യന്മാരും പഴയ ആളുകളുമൊക്കെ അവരുടെ പ്രഭാവത്തെ ഔഷധമായാണ് ഉപയോഗിച്ചത് അന്നും ഇങ്ങനെയുള്ളവരുണ്ട് പ്രായപ്പുറം അതുകൊണ്ടാണല്ലോ ഈ രോഗ നിദാനമൊക്കെ വന്നത് അന്ന് തീരെ ഇല്ലാന്നേരിക്കണ്ട അന്നുണ്ട് പക്ഷെ ഇന്ന് കുറെ കൂടുതലാണ് ഇന്നതുകൊണ്ട് വൈദ്യജന്യ രോഗങ്ങൾ ഒരുപാട് ഭാവതലങ്ങളിലുണ്ട് സോഷ്യൽ അയാട്രോജനിക് ക്ലിനിക്കൽ അയാട്രോജനിക് കൾച്ചറൽ അയാട്രോജനിക് ഇങ്ങനെ ഒരുപാടുണ്ട് രോഗങ്ങള് ഒട്ടേറെ വളരെ ശക്തമായ രീതിയിൽ വളർന്നു മാത്രമല്ല വളരെ ശക്തമായ ഇതിന് കാരണങ്ങളും ഉണ്ടായി അവയെ പറയുമ്പോൾ വളരെ നിർണായകമായൊരു പരീക്ഷണവും അടുത്തിടെ നടന്നിട്ടുണ്ട് വളരെ നിർണായകമായ ജീവിതം എന്ന് പറയുന്ന ഒരു സമഗ്രതയിലാണ് പോകുന്നത് രോഗങ്ങളെ ഉണ്ടാക്കുന്നു എന്ന് ആധുനികർ വിശ്വസിക്കുന്ന ഒട്ടനേകം പരാദങ്ങളും വൈറസുകളും അമീപകളും ബാക്ടീരിയകളും പല രോഗങ്ങളെയും തടയുന്നതിൽ മുൻപന്തിയിലാണ് അടുത്ത കാലം ഒരേ ശാസ്ത്രം വിശ്വസിച്ചിരുന്നില്ല ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഓട്ടോ ഡിസീസുകൾ കണ്ടിരുന്നില്ല പ്രത്യേകിച്ചും സാധാരണക്കാരുടെ ഇടയിൽ ആർത്രൈറ്റിസ് ഇന്ത്യയിൽ അത്ര കൂടുതലായി മുമ്പ് കണ്ടിരുന്നില്ല ഹൃദ്രോഗത്തിന്റെ പല വകഭേദങ്ങളും ഇന്ത്യയിൽ കണ്ടിരുന്നില്ല ഇന്ന് കാണുന്ന വളരെ അപൂർവമായി കണ്ടിട്ടാണ് എന്ന നിദാനത്തിലൊക്കെ അത് എഴുതി വച്ചിട്ടുള്ളത് വളരെ അപൂർവം ില്ല സിസ്റ്റമിക്ലും അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളാണ് അവയൊക്കെ ഇന്ന് സർവ്വസാധാരണമായി ചേർന്നിരിക്കുന്നു ഇതിലേക്ക് ചെറുതായി വെളിച്ചം വീശാനൊരു പരീക്ഷണം അടുത്ത കാലത്ത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുകയുണ്ടായിരുന്നു ടൈപ്പ് വൺ ഡയബറ്റിസിനെ കുറിച്ചുള്ള അത് നടത്തിയത് യു കെയിലെ പ്രൊഫസർ ആനി കുക്കാണ് പേര് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടോന്നറിയില്ല പ്രൊഫസർ ആനിക്ക് ആനിപറ്റം ജനിതക നവീകരണം സാധിച്ച എലികളിലാണ് അവർ പരീക്ഷണം നടത്തിയത് ജനറ്റിക്കലി മോട്ടിവേറ്റഡ് മൈസ് അതിലാണ് പരീക്ഷണം നടത്തി അവര് പ്രമേഹസംബന്ധിയായ പരീക്ഷണം നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു മരുന്ന് ഞാൻ കഴിഞ്ഞവണ്ണം പറഞ്ഞാൽ തോന്ന മരുന്ന് അലക്സാൻ എതിരുണ്ടാവും അതുപോലുള്ള ഏഹ് ആ മൈതേ ചേർക്കണം അതുപോലുള്ള സാധനം ബുദ്ധി വെച്ചാൽ ഉടനെ പ്രമേഹം ഉണ്ടാവും അങ്ങനെ പ്രമേഹ ഉണ്ടാക്കാൻ വേണ്ടി ഈ എലികളെ എടുത്ത് ക്രൈംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയില് യു പ്രൊഫസർ ആനി കുക്കും അവരുടെ സഹപ്രവർത്തകരും പരീക്ഷണം നടത്തി എലിയെ തികയാതും ഒരു ലണ്ടനിൽ നിന്ന് എലിയെ കൊണ്ടുവന്നു സ്പെഷ്യലായി അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു ആ എലികള് ലണ്ടനിലെ തെരുവിലൊക്കെ ജീവിച്ചിരുന്ന കുറച്ച് പുറത്ത് യൂജയിലുകളാണ് അവയെ കൊണ്ടുപോകും അപ്പൊ അവയെ നോക്കിയപ്പോൾ അവയ്ക്ക് ബാക്ടീരിയകളുടെയും പരാതങ്ങളുടെയും ബാധയുണ്ടെന്ന് അവര് കണ്ടു പരസൈൻസ് എന്നാൽ അപ്രതീക്ഷിതമായ ഈ കാഴ്ചയെ അവര് മാറ്റിവെച്ചുകൊണ്ട് അവയിലും ഈ പരീക്ഷണം നടത്താൻ അതവരെ തികച്ചും പ്രതീക്ഷിക്കാത്ത ഒരറിവിലേക്ക് എത്തിച്ചു എലികളിൽ അൻപത് ശതമാനത്തെ മാത്രമേ പ്രമേഹം ബാധിച്ചുള്ളൂ ടൈപ്പ് വൺ ഡയബറ്റിസ് എൺപത് ശതമാനത്തിനാണ് ഉണ്ടാവേണ്ടത് അതുവരെയുള്ള പരീക്ഷണം വെച്ച് അൻപത് ശതമാനത്തിനെ കണ്ടുള്ളൂ പരീക്ഷണത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വിട്ട് ആനിക്കു തങ്ങളുടെ ഈ രണ്ട് സംഭവങ്ങൾ ഒന്ന് എലിയിലെ പരാതങ്ങളും എലിക്ക് പ്രമേഹം ഉണ്ടാകാതിരുന്നതും ഒരു മുഖ്യധാര പരീക്ഷണമായി നടത്തുവാൻ കുക്ക് തീരുമാനിക്കുകയാണ് കൺട്രോൾ എക്സ്പെരിമെൻ്റിൽ അപ്പൊ തൻ്റെ ഈ രണ്ട് അനുഭവങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തോന്നി അവർ തൻ്റെ നിഗമനങ്ങളെ കൺട്രോളിന് വിധേയമാക്കാൻ തീരുമാനിക്കുക അതുകൊണ്ട് അവർ ജനിതക നവീകരണം സാധിച്ച കുറച്ച് എലികളിൽ പരാതങ്ങളെ ആദ്യം കയറ്റി തീരുമാനിച്ചു അവർ ജനിതക നവീകരണം കഴിഞ്ഞ കുറെ എലികളെ എടുത്ത് സിസ്റ്റോസോമിയാസിന്റെ പരാദങ്ങളെ ഇന്ത്യയിലുള്ള രോഗമല്ല സിസ്റ്റോസോമിയാസിസ് സ്നെയിൽ ഫീവർ എന്ന് പറയും ഒച്ചുപനിടില്ല ഏ സ്നെയിൽ ഫീവർ ഒച്ചുപനി അങ്ങനൊരു പനിയുണ്ട് ഇത് സൗത്ത് അമേരിക്കയിൽ കാണാറുണ്ട് സിഷ്ടോസോമെന്ന് പറയുന്ന ഒരു പരാദമാണ് ഇത് വളർത്തുന്നത് ആ പരാതത്തെയാണ് കടത്തിവിട്ടത് ആഫ്രിക്കയിലുണ്ട് ഏഷ്യൻ രാജ്യങ്ങളിൽ ചിലയിടത്തും ഉണ്ട് സൗത്ത് അമേരിക്കയിലുണ്ട് ഈ പനി അവരേതായാലും നേരത്തെ യാദൃശികമായി പരാതം ബാധിച്ച എലികളിൽ ടൈപ്പ് വൺ ഡയബറ്റീസ് വർദ്ധിക്കാതിരുന്നത് കണ്ട് പ്രത്യേകം എലികളെ എടുത്ത് ശിഷ്ടോസ്വമെന്ന് പറയുന്ന പരാതങ്ങളെ അവയിൽ കടത്തിവിട്ട് അവയ്ക്ക് സ്നേഹിൽ ഫീവർ ഉണ്ടാക്കി അത് കഴിഞ്ഞ് അവയിൽ പ്രമേഹത്തിന്റെ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു അവര് നോക്കിയപ്പോൾ കണ്ടത് ഡയബറ്റിസ് കുറയുന്നതാണ് ഉണ്ടാകുന്നതല്ല നേരെ വിപരീത പരാതങ്ങൾ ബാധിച്ച എലികളിൽ ടൈപ്പ് വൺ ഡയബറ്റിസ് കണ്ടില്ല എന്നതാണ് കൂടുതൽ തെളിവോടെ അവർക്ക് കിട്ടിയത് മുമ്പോട്ടുള്ള ഗവേഷണങ്ങൾ പരാതങ്ങളുടെ മുട്ടകളുടെ ഏതോ ഘടകമാണ് പ്രമേഹത്തിൽ എലികളെ രക്ഷിച്ചതെന്ന് നിഗമനത്തിലെത്താൻ അത് അവരെ സഹായിച്ചു കൂടുതലായിട്ട് അഴിജി കയറ്റിയപ്പോ ആ പരാതങ്ങളുടെ എക്സ് മുട്ടകൾ ഇത് വളരെ വലിയൊരു പരീക്ഷണത്തിന് തന്നെ വഴിവെച്ചു അതിൽ നിന്ന് ഇമ്മ്യൂൺ ഡിസീസുകളെ ഇല്ലാതാക്കുന്നതിൽ കുടികൊള്ളുന്ന അൺഹൈജീനിക്കായ അനാരോഗ്യകരങ്ങളായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നത് കൊണ്ട് കയറിക്കൂടുന്ന ഒട്ടേറെ വൈറസുകൾക്കും അമീബയ്ക്കുമെല്ലാം പല രോഗങ്ങളെയും തടയാൻ ശക്തിയുണ്ട് നിഗമനത്തിൽ അവരെത്തി പലപ്പോഴും അവയെ നിർമാർജ്ജനം ചെയ്യുന്ന വേളകളിലാണ് പുതിയ അനേക രോഗങ്ങളുടെ യാതൊരു ഭാവങ്ങൾക്ക് കാരണമാകുന്നത് മനസ്സിലായില്ല മനസ്സിലായില്ല പരീക്ഷണം ചെന്നെത്തിയത് പൊടേതം പുരാൻ പിടിച്ച വഴിയിലാണ് ശാസ്ത്രകാരൻ ഇതുവരെ പോയതൊക്കെ തെറ്റിലൂടെ തന്നെയാണ് കുക്കിന്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് വെഡിക്കൽ വെബ്സൈറ്റുകൾ പലതും പെയ്ഡായിരിക്കും ചിലരെ അവിടുത്തെ അതിനകത്ത് കയറി പേടില്ലാത്ത ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട് അവയിൽ കിട്ടുന്ന അറിവുകൾ ആധികാരികങ്ങൾ അത് വിശ്വസിക്കുന്നത് നൂറ് ശതമാനം ശരിയായി കൊള്ളണമെന്നില്ല ഡാനി പഠനങ്ങൾ വളരെ പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട് ഒട്ടേറെ ജനറ്റിക്കൽ ആയിട്ടുള്ള ജനിതക വിശ്ലേഷണത്തിന്റെ ഒട്ടേറെ മേഖലകളിലേക്ക് കടന്നു ചെല്ലാവുന്ന വലിയൊരു പരീക്ഷണത്തിന്റെ ആരംഭമാണ് നമ്മളിപ്പോ തീർച്ചയായും കർക്കൂസിൽ പോയി ഇരിക്കുകയും അത് വൃത്തിയാക്കിയിടുകയും എൻ്റെ വീട്ടിലെ കുളിമുറിയ കക്കൂസൊക്കെ ഷോറൂമാണെന്ന് പരസ്യത്തിലൂടെ പറയാൻ തക്കവണ്ണം സൂക്ഷിക്കുകയും ചെയ്യുന്നവൻ്റെ തൊക്കും തൊക്കിൻ്റെ കലകളും കണ്ണും കൈയും കാലും കക്ഷവും കാരിടകളും ഒക്കെ ചൊറിഞ്ഞും പറഞ്ഞും നാനാവിധമായി നാലായിരം രോഗങ്ങളിലൂടെ നടക്കുമ്പോൾ അവനും പിള്ളേരും ഇതുവരെ ഏർ വർഷമോ പതിനഞ്ചു വർഷമോ മലമൂത്ര വിസർജനം ചെയ്ത സെപ്റ്റി ടാങ്കിന്റെ മൂടി പൊക്കി അതിനകത്തേക്ക് ഇറങ്ങി അത് മുഴുവൻ കോരിക്കളഞ്ഞ് ഒരു കുപ്പി മണ്ണെണ്ണയിൽ കുളിച്ച് ഏർ അപ്പുറത്തേക്ക് കോരിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് കൊടുക്കുന്ന കപ്പയും പലഹാരങ്ങളും ഒക്കെ തൃപ്പൂണിത്തറയിൽ സോക്സും ഷൂസും കളസവും കളസത്തിനു മുകളിൽ കളസവും ഒട്ടേറെ തരം അണുനാശകങ്ങളായ സോപ്പുകൾ ഒട്ടേറെ ബാക്ടീരിയകളെ കളയാനുള്ള സ്പ്രേകൾ ഇതൊക്കെയായിട്ട് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഒട്ടേറെ മേഖലകളിലൂടെ ശാസ്ത്രീയമായി സഞ്ചരിച്ച് ഈ എല്ലാ രോഗങ്ങളുടെയും കൂട്ടായി ജീവിക്കേണ്ടി വരുന്ന ആധുനിക പരിഷ്കാരിയുടെ മുമ്പിൽ അപരിഷ്കൃതനായ അവൻ രോഗങ്ങളില്ലാതെ വന്നു നിൽക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാൻ മല എങ്ങനെയാണ് ഈ മുന്നോട്ടു പോകേണ്ടത് എന്നറിയാതെ നിന്നതാണ് അണുക്കളുണ്ടാവും എന്ന് പറഞ്ഞ അമ്മയും മക്കളുമൊക്കെ കയ്യുറകളിടുകയും ഉറയിട്ട കൈ കൊണ്ട് പോലും പറ്റാഞ്ഞിട്ട് ആ രണ്ട് ഞവണ പിടിച്ച് ഇഡലി എടുക്കുകയും കൈ കൊണ്ടെടുത്ത് പോയാൽ ഇവിടെയൊക്കെ ഞവണയാണ് എന്താണ് ഇഡലി ബാക്ടീരിയകളെയും ഫംഗസുകളെയും മുഴുവൻമൂലനം ചെയ്യാൻ മൈനസ് ഫോർ ഡിഗ്രിയോ ഫൈവ് ഡിഗ്രിയോ ഇതിലേക്ക് തന്ന ഫ്രീസറുകളിൽ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുകയും ശരിയല്ല അതെല്ലാം ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ട് കണ്ടാൽ കാലം കരഞ്ഞു പോകുന്ന അവയവങ്ങളുമായി പരിഷ്കൃതാശയം നടന്നു നീങ്ങുമ്പോൾ ത്വക്കിനോ മറ്റ് കലകൾക്കോ ഈ വൈവർണ്യമൊന്നും വരാതെ ആനന്ദപൂർവ്വം ഈ നൃത്തം ചെയ്തു പോകുന്ന ഒരു അപരിഷ്കൃത ആശയനെ കാണുമ്പോൾ പഠിപ്പിനോടും പഠിച്ച ശാസ്ത്രത്തോടുമൊക്കെ പുച്ഛം തോന്നാൻ മാത്രം കാലമായി എന്നാണ് എൻ്റെ വിശ്വാസം വല്ലാതെ വല്ലാതെ തൊണ്ണൂറ് ശതമാനം സോപ്പാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞവണ ഞാനൊരു ഫോമുലൊക്കെ നല്ല ഇടിയനായിട്ട് പറഞ്ഞു തന്നാ വി ആരെങ്കിലും സോപ്പില്ലാതെ കുളിച്ചോന്നറിയില്ല കുളിച്ചവരാരെങ്കിലും സോപ്പില്ലാതെ പുറത്തുകൊണ്ട് കുളിച്ചവരുണ്ട് ഒന്ന് കൈവോക്കിയാല് ഒന്ന് ചുമ്മാ കൈവക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പേരെ കൈവക്കുന്നു ഈ ഒമ്പത് പേരുടെ അനുഭവം ഞാൻ പറഞ്ഞത് ശരിയാണോ ഇനി തീരുമാനിച്ചാ മതി ഏർ ഉരുണ്ട് വരുന്നില്ല അത് ഇങ്ങനെ തൂത്താമതി ഇങ്ങനെ ഒരു രണ്ടും വെട്ടിമരുന്നിന്റെ മാണോ പണ്ടി വളരെ സിദ്ധന്മാരായ സ്വാമിമാര് ചില കുട്ടികളെയൊക്കെ രോഗമായിട്ട് കൊണ്ടിരുമ്പോ അവർ ഈ മർക്കുറിയൊക്കെ പരീക്ഷിക്കാൻ കഴിച്ചവരാണെന്ന് കൊണ്ടുപോയി കൽപ്പം സേവിച്ചോ അവരുടെ ശരീരം തന്നെ മെഡിസിനലാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പൊ അവർ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് തിരുമ്മിട്ട് വിട്ട് വയലിട്ടിട്ട് കൊടുക്കുന്നു രോഗമൊക്കെ മാറും അങ്ങനെയാണ് ഈ അത്ഭുതങ്ങളുടെയൊക്കെ ലോകം ഇത് മേടിക്കാൻ ആരും ഇങ്ങനെ ക്യൂയിൽ നിന്ന് മിക്കവാറും ഈ വയറായിരിക്കും പയറ്റുവേദന ഒക്കെ കളയുന്നത് വലിയ ഉരുട്ടിയിടുന്നതിനകത്ത് അതിന്റെ മുട്ടകളൊക്കെ ആയിരിക്കും ഉള്ളത് വൈറസിന്റെയും അമീവയുടെയും ബാക്ടീരിയയുടെയും ഒക്കെ മുട്ടകളായിരിക്കും ഉള്ളത് ഇത് മറ്റൊരു സാധനം പോവാണ് വൺ ഡയബറ്റിസിനെ ഇല്ലാതാക്കുന്നതിൽ സിസ്റ്റോസോമിന് സ്നെൽ ഫീവറിന്റെ പരാതത്തിന് നിർണായകമായ പങ്കുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോ മുമ്പോട്ടുള്ള അവരുടെ ഗവേഷണങ്ങൾ അവരെ എത്തിച്ചത് പരാതങ്ങളെ മുട്ടയുടെ ഏതോ ഘടകം ബാധിക്കുന്നതിനേക്കാൾ ആ ഘടകം പ്രമേഹത്തിൽ നിന്ന് എലിയെ രക്ഷിച്ചു എന്നാണ് ഡയബറ്റിസ് ക്രോൺസ് ഡിസീസ് എന്ന് വളരെ കൂടുതൽ ആളുകൾക്ക് ഇന്ത്യയിലുള്ളതാണ് ക്രോൺസ് റീജിയണൽ എൻഡറൈറ്റിസ് എന്നാണ് അതിന്റെ നാടൻ പേര് റീജിയണൽ എൻഡറൈറ്റിസ് ആറി ആറി എന്നാണ് രോക്സുമാര് ഷോർട്ട് ഫോമിൽ സാധാരണ എഴുതുക ക്രോൺസ് ഡിസീസ് എന്ന് അത് അതിന്റെ ലക്ഷണം ഡയറിയ ഭവൽ സിൻ സോബിലെ വളരെ ശക്തമായ ഒരെണ്ണ കാരക്ടറൈസ്ഡ് ബൈ ഡയറിയ എന്നാണ് പറയുക മനസ്സിലായില്ലേ ആർ ഇ സി ഡി ആർ ഇന്നാണ് നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ടുകളിൽ ക്രോൺസാണെ കാണും ആർ ഇ സി ഡി അപ്പൊ അങ്ങനെ ഒരു സാധനം എഴുതിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ ബ്ലഫിങ് മുഴുവൻ വായിക്കാതെ ആ ഷോട്ട് ഫോം വായിക്കുമ്പോഴേ മെഡിക്കൽ സയൻസ് അറിയാവുന്നയാളിനെ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ വൈഡി പേപ്പർ ഇങ്ങനെ നോക്കിയിട്ട് മടക്കിയെന്ന് ചോദിച്ചിട്ട് ഓ ഇനി അതിൽ ഫർദർ പ്രൊസീഡ് ചെയ്താൽ അങ്ങനെ നോക്കുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഇതെല്ലാം എടുപ്പിച്ചു ഡോക്ടർ നോക്കിയില്ല ഡോക്ടർ വേണ്ട പോലെ വായിച്ചില്ല എന്നൊക്കെ പരാതി പറയുന്ന അവിടെയാണ് അതിലുള്ള ചില നൊട്ടേഷൻസ് മതിയാവും വിവരമുള്ളവർക്ക് മനസ്സിലായില്ല അല്ലാത്തൊരു വായിച്ചിട്ടും കാര്യമില്ല പ്രശ്നം സങ്കീർണമായതാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നതിലെ ഗ്രാമറും സ്ട്രക്ചറും വിശദീകരണങ്ങളും ഒന്നും മെഡിക്കൽ സയൻസിന് ആവശ്യമുള്ളതല്ല മനസ്സിലായില്ല ഒരു ടെസ്റ്റ് ഹൈപ്പോത്തോസിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ എം മാത്രമേ നോക്കാറുള്ളൂ ൂ വാല് മീഡിയനും മറ്റും വരുമ്പോൾ ചില ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമെങ്കിൽ അതിന്സും നോക്കി കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാകുന്നതാണ് മനസ്സിലായില്ല ഇനി അതിൽ ഡീവിയേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിവിയേഷനും സ്റ്റാൻഡേർഡ് അറിവൊക്കെ നോക്കുമ്പോൾ കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും അപ്പൊ ആ ആ ഭാഗങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ അല്ല ബാക്കിയുള്ള കാര്യങ്ങൾ ജനത കളിപ്പിക്കാൻ എഴുതി വെച്ചിരിക്കുന്ന മനസ്സിലായില്ല ഒരു മെഡിക്കൽ കമ്പനി അവരുടെ റിപ്പോർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു പതോളജിസ്റ്റ് നോക്കുകയാണെങ്കിൽ അയാളുടെ വ്യൂ ഒരു പ്രാക്ടീഷണർ നോക്കുന്ന വ്യൂ വളരെ വ്യത്യസ്തമായിരിക്കും മനസ്സിലായില്ല അയാളുടെ നോക്കുന്നത് അതിലെ പതോളജിക്കൽ ഡേറ്റ മാത്രമായിരിക്കും അതിനെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ പതോ അതിലായിരിക്കും അയാളുടെ കണ്ണുകളിൽ നിന്ന് അതേസമയം ഇവരുടെ മരുന്നുകളെ കുറിച്ചുള്ള അവകാശവാദങ്ങൾ നോക്കുന്ന ഒരു പ്രാക്ടീഷണറില് ജനസ്നേഹമുള്ള ഒരു പ്രാക്ടീഷണറാണെങ്കിൽ അയാൾ നോക്കുന്ന ഒറ്റ കാര്യത്തിലായിരിക്കും ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റിലെ പ്ലാസിബോ എഫക്ട് എവിടെ നിൽക്കുന്നു എന്ന് മാത്രമായിരിക്കും മനസിലായില്ല